പറയുക അള്ളാഹുസ്ബഹാനഹു വാല എന്നെയും എന്റെ കൂടെയുള്ളവരെയും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മോട് കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ ആര് രക്ഷിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ